शास्त्रेतो हरे देव हरे देवी बुद्धि पूर्वकारी नामितित्व आत्मनः परलोक सम्बन्धम अधिकृत्य तथा न वेदान्त वेदिम वचनायर्तेदीनो वे भेद ब्रह्म छत्र इति असंसार्य आत्मदत्त्वम अधिकारे पिक्षते शास्त्रेतो हरे शास्त्रेमय वार छोड़ते अबले ബുദ്ധിപൂർവ്വകാരി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരാൾ പരലോകസംബന്ധം ആത്മാവിന്റെ പരലോകസംബന്ധത്തെ അറിയാതെ അതിക്രിയ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ശാസ്ത്രീയത്തിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രീയം സ്വർഗവും മറ്റും പ്രാപിക്കുന്നതിനു വേണ്ടി ഇവിടെ ചെയ്യുന്ന യാഗം പോലെയുള്ള കർമ്മങ്ങൾ അതിനിവിടെ ശാസ്ത്രീയ വ്യവഹാരങ്ങളെന്ന് പറയും സ്വർഗകാമ യജേത എന്ന് പറഞ്ഞിരിക്കുന്നു അത് കേൾക്കുമ്പോ ഒരാളെന്തോ സ്വർഗത്തിനോട് ആഗ്രഹം തോന്നുമ്പോ അയാള് യാഗം ചെയ്യും അത് ശാസ്ത്രീയ വ്യവഹാരം അങ്ങനെ യാഗം ചെയ്യുന്ന ആളെന്ന് ഈ പറയുന്ന പൂർവമീമാംസയുടെ സിദ്ധാന്തത്തെയാണ് പറയുന്നത് അയാൾ അറിഞ്ഞിരിക്കണം എന്റെ ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവുണ്ട് ആത്മാവ് കർത്താവും ഭോക്താവുമാണ് ഞാനിവിടെ പുരോഹിതന്മാരെ എല്ലാം കൊണ്ടുവന്ന് ഒരു യാഗം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മരണശേഷം സ്വർഗത്ത് പോകാം അപ്പം ഞാൻ മരിച്ചു പോകുന്നയാളാണ് അപ്പം പിന്നെ സ്വർഗ്ഗത്തിലെ സ്വർഗസുഖം എനിക്ക് എങ്ങനെ കിട്ടും മരണശേഷമുള്ള ഫലം എങ്ങനെ കിട്ടും അതിനുവേണ്ടി അയാളറിയുന്നു ഞാൻ മരിച്ചു പോകുന്ന ഈ ശരീരം എൻ്റെ ഈ ശരീരത്തിന്ന് വേറിട്ടൊരാത്മാവാണ് എന്നറിയുന്നു ഇതിനാണിവിടെ ഈ പരലോക സംബന്ധമെന്ന് പറയും അപ്പൊ പരലോക സംബന്ധം ഇന്ന് ശരീരത്തിൽ നിന്ന് വേറിട്ട് ഒരാത്മാവുണ്ട് അത് കർത്താവും ഭോക്താവുമാണ് എന്നറിയുന്ന ഒരാൾ മാത്രമേ പരലോകത്തിന് വേണ്ടിയിട്ടുള്ള യാഗാതി കർമ്മങ്ങൾ ചെയ്യത്തുള്ളൂ ഇതാണ് അങ്ങനെ അറിയില്ലെങ്കിൽ അയാൾ ചെയ്യത്തില്ല ചറവാകനും മറ്റും അത് ചെയ്യത്തില്ല അവർക്ക് ഉണ്ടെങ്കിൽ തന്നെ അവർ അംഗീകരിക്കില്ല ആണ് പറയുന്നത് എന്റെ ശാസ്ത്രീയ വ്യവഹാരേ വൈദ്യ കർമ്മങ്ങളിലും മറ്റും ബുദ്ധിപൂർവ്വകാരി ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം ഒരാൾ യാഗം ചെയ്യുന്നു അവ മരിച്ചു പോകുന്നു ഫലം അങ്ങനെ കിട്ടും അപ്പോൾ അയാൾക്ക് ബുദ്ധിയുണ്ടാവണം ഈ ശരീരത്തിൽ നിന്ന് വേറിട്ട് ഒരാത്മാവുണ്ട് ആ ആത്മാവ് പരിലോകത്തിൽ പോകും അവിടെ പോയി കഴിഞ്ഞാൽ ഫലം കിട്ടും എന്നറിയുന്നവനാണ് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്നത് അയാള് അവിതത്വ ആത്മനോപരലോക സംബന്ധം ആത്മാവിന്റെ പരലോക സംബന്ധത്തെ അറിയാതെ വ്യവഹാരതയെന്നു വെച്ച വ്യവഹാരത്തിൽ പ്രവർത്തിക്കുന്നില്ല ശാസ്ത്രീയ കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നില്ല തഥാപി ഇതങ്ങനെയാണ് യപി തഥാപി എന്നുവെച്ചാൽ പൂർവമാംസയുടെ സിദ്ധാന്തം അങ്ങനെയാണ് കർമ്മികളെ സംബന്ധിച്ച് ശരി എങ്കിലും വേദാന്ത വേദ്യം ഉപറിയപ്പെടുന്നതായ അശ്വനായത്യതീതം അശ്വനായ ഹം ഇതിനെല്ലാം ഉപരിയായിരിക്കുന്ന അഭേദ ബ്രഹ്മക്ഷത്രാതിഭേദം ക്ഷത്രിയൻ ബ്രാഹ്മണൻ എന്താണ് ഇത് എടുത്തു പറയുന്ന കാര്യം എന്താണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നുള്ള ഭേദമില്ലാത്തതെന്ന് പറയുന്ന എന്താണ് അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെ പറയുന്നിടത്തെല്ലാം ്രഹ്മം അവേദക്ഷത്രേദം എന്ന് പറഞ്ഞാ ഇങ്ങനെ പറയുന്നിടത്ത് സിദ്ധാന്തം എന്ന് വെച്ചാൽ ക്ഷത്രിയൻ ക്ഷത്രിയൻ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നുപറയുന്നത് അതെല്ലാം ശരീരത്തിലുള്ള ധർമ്മങ്ങളാണ് ബ്രാഹ്മണത്വ ശരീരത്തിൽ ഉണ്ടെന്നാണ് ക്ഷത്രിയത്വ ശരീരത്തിലുണ്ട് വൈശ്യത്വ ശരീരത്തിലുണ്ട് ശൂദ്രത്വ ശരീരത്തിലുണ്ടെന്നാണ് പറയുന്നത് ഇവരെല്ലാവരും അപ്പൊ ശരീരധർമ്മങ്ങൾക്ക് അപ്പുറം ഉള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്താണ് ബ്രാഹ്മണൻ ക്ഷത്രീ മേശൻ ഇങ്ങനെയുള്ള ഭേദം ഇല്ലാത്തതെന്ന് അപ്പൊ ശരീരധർമ്മങ്ങളൊന്നും ഇല്ലാത്തതാണ് ആത്മാവെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിനെടുത്ത് പറയുന്നത് അല്ലാതെ എന്താണ് ജാതി ഇല്ലെന്ന് പറയുന്ന അതൊക്കെ ശരീരത്തിനേ ഉള്ളൂ ജാതി ശരീരത്തിന്റെ ധർമ്മമാണ് ജാതി ശരീരത്തിനുള്ളതാണ് പക്ഷെ അത് ഇല്ല അപ്പോ ആ ശരീരധർമ്മങ്ങളൊന്നും ഇന്നെല്ലാം വേർപെട്ടതാണ് അതിൽ നിന്നും ഭിന്നമാണെന്ത് ആത്മതത്വം അത് അശനായാധി അതീത വിജപ്പിനും ദാഹത്തിനുമൊക്കെ അത് ഉപരിയാണ് പിന്നെ അതുകൊണ്ട് തന്നെ എന്താണ് അസംസാരി ആത്മതത്വം അത് മാത്രമല്ല അതിന് സംസരണമില്ല എന്നുവെച്ചാൽ ഇവിടെ ജനിക്കുക പിന്നെ ഇവിടെ കർമ്മങ്ങൾ ചെയ്യുക പിന്നെ ഫലം അനുഭവിക്കാൻ വേണ്ടി മരിച്ചിട്ട് വേറെടുത്ത് പോയി ജനിക്കുക സംസാരം ഇവിടെ സോതുക്കങ്ങളൊക്കെ അനുഭവിക്കുക അത് സംസാരമാണ് അങ്ങനെയുള്ള സംസാരിയല്ലാത്ത ആത്മതത്വത്തെ അറിയുന്ന ഒരുവൻ അവൻ അവനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ആത്മതത്വം എന്താണ് അധികാര കർമ്മത്തിൽ അങ്ങനെ ഒരു ആത്മതത്വത്തിന്റെ ജ്ഞാന ആവശ്യമില്ല കർമ്മത്തിൽ എന്ത് ആത്മതത്വ ആത്മതത്വം ജ്ഞാനമാണ് വേണ്ടത് ആത്മാവ് കർത്താവും ആണ് എന്നുള്ള ആത്മബോധം മതി ഇവിടെ എന്താണ് അസംസാരിയായ ആത്മാവിനെ കുറിച്ചുള്ള ബോധം കർമ്മത്തിന് ആവശ്യമില്ല എന്നുള്ളത് അപ്പൊ കർമ്മകാണ്ഡത്തിൽ പറയുന്ന ആത്മതത്വം എന്ന് പറയുന്നത് കർത്താവും ഭോക്താവുമായ ആത്മതത്വം അത് ശരീരത്തിൽ നിന്ന് വേറെയാണ് പക്ഷെ അത് സംസാരിയാണ് എന്തുകൊണ്ട് ഇവിടെ കർമ്മം ചെയ്യുന്നു അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഫലം അനുഭവിക്കുന്നു ഉപനിഷത്ത് പറയുന്നത് എന്താണ് എന്ന് പറയുന്നത് അവിടെ ആത്മതത്വം എന്ന് പറയുന്നത് അസംസാരിയാണ് അതിന്റെ ജനനവും മരണവും അങ്ങനെയുള്ള ഒരു ആത്മതത്വം അവിടെ കർമ്മത്തിന് യാതൊരു പ്രസക്തി ശങ്കരാചാര്യർ ഒന്ന് ആത്മാവ് നിത്യശുദ്ധ ബുദ്ധമുക്തം ആണ് നിർഗുണമാണ് ഈശ്വരൻ ജീവൻ എന്നുള്ള ഭേദമില്ല പ്രപഞ്ചം മിഥ്യമാണ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്നു ഈ ആത്മാവ് ഇങ്ങനെ നിർഗുണം നിരാകാരം അസംസാരിയാണെന്ന് പറയുന്നത് കൊണ്ട് ശങ്കരാചാര് പ്രധാനമായും സമർത്ഥിക്കുന്ന ആദ്യന്തം സമർത്ഥിക്കുന്നെന്താണ് ഈ ആത്മാവ് നിർഗുണമെന്നൊക്കെ പറയുന്നത് ആത്മാവ് കർത്താവും ഭോക്താവും അല്ലെന്ന് പറയുന്നത് സമർത്ഥിക്കുന്ന എന്താണ് കർമ്മം എന്ന് പറയുന്നത് ത്യജിക്കണം അത് ചെയ്യേണ്ടതല്ല അത് കർത്തവ്യമല്ല ആർക്ക് ഇങ്ങനെ ഒരു ആത്മബോധമുണ്ടായാൽ അവൻ കർമ്മം ചെയ്യേണ്ട ആവശ്യം അപ്പം കർമ്മത്യാഗം കർമ്മത്യാഗരൂപത്തിലുള്ള കർമ്മസന്യാസം ഇതാണ് ശങ്കരായ പറയുന്നതിന് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ആത്മാവ് സത്യമാണ് അത് അസംസാരിയാണെന്ന് പറയുക മറ്റൊന്ന് കർമ്മം ധരിക്കുക ആത്മാവ് അസംസാരിയായതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആത്മാവിനെ അറിഞ്ഞാൽ അവന് എന്താണ് പിന്നെ കർമ്മം ചെയ്യേണ്ട കാര്യമില്ല കർമ്മം ധരിക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി പറയുന്നത് വൈദികമായ കർമ്മങ്ങൾ ധരിക്കാനാണ് എന്തുകൊണ്ടാണ് ആത്മാവ് കർത്താവാണ് എന്നുള്ള ബോധത്തോടു കൂടി ചെയ്യേണ്ടാണ് വൈദിക കർമ്മങ്ങൾ എന്തുകൊണ്ട് ഞാൻ കർമ്മം ചെയ്യുന്നു എന്നുള്ള ബോധത്തോടു കൂടി അത് ചെയ്യണം ഞാനെന്നു വെച്ചാൽ ആത്മാവ് എന്നിട്ടും ഞാൻ ഇതിന്റെ ഫലത്തെ അനുഭവിക്കുമെന്നുള്ള ബോധവും വേണം അപ്പോ വൈദിക കർമ്മങ്ങൾക്ക് ഇത് രണ്ടും ആവശ്യമാണ് ഞാൻ കർത്താവാണെന്നും ഞാൻ ഫലത്തെ അനുഭവിക്കുന്നവനാണെന്നുള്ള ബോധം വേണം അപ്പോ ആത്മാവ് അകർത്താവാണെന്ന് പറഞ്ഞാലോ അപ്പൊ അങ്ങനെയുള്ള കർമ്മം ചെയ്യണ്ട അപ്പോ അദ്വൈതത്തിന്റെ പ്രധാനമായ രണ്ട് ഭാഗം ഒന്നാണ് ഒന്ന് ആത്മാവിനെ അകർത്താവോ അഭോക്താവുമായി അറിയുക അതോടൊപ്പം തന്നെ എന്താണ് സർവകർമ്മ ത്യാഗം നിത്യം നൈമിത്യവും കാമ്യം നിഷിബം എന്ന് നാലു നിരത്തിൽ പറയുന്ന വൈദികമായ കർമ്മങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കുക ഉപേക്ഷിച്ചാൽ അതാണ് സന്യാസം ശങ്കര അതിനാണ് സന്യാസം പറയും അവിടെ ഒരു തരത്തിലുള്ള കർമ്മവും ഇല്ല അതാണ് പറയുന്നത് അനുപയോഗാ അധികാരവിരോധാച്ച അപ്പം ഇങ്ങനെയുള്ള ഒരാത്മതത്വം അസംസാരിയായ ആത്മതത്വം എന്ന് പറയുന്നത് കർമ്മത്തിൽ ഉപയോഗം ഇല്ലാത്തതാണ് അനുപയോഗം കർത്താവും ഭോക്താവുമായ ഒരാത്മാവാണെന്ന് അവിടെ ആവശ്യമുള്ളത് ഇങ്ങനെയുള്ള ഒരാത്മതത്വം എന്താണ് അനുപയോഗമാണ് ഉപയോഗമില്ലാത്തതാണ് മാത്രമല്ല അധികാര വിരോധിയുമാണ് എന്ന് പറഞ്ഞാൽ കർമ്മത്തിന് വിരോധിയാണ് എങ്ങനെ വിരോധിയാകുന്നു കർമ്മം ചെയ്യണമെങ്കിൽ എങ്ങനെയുള്ള ആത്മാവ് വേണം കർത്ത കർത്താവും ഭോക്താവുമായ ആത്മാവ് വേണം ഇവിടെ പറയുന്ന എന്താണ് വൻഷത്തിൽ പറയുന്ന ആത്മാവ് എന്താണ് അകർത്താവും അഭോക്താവുമാണ് അപ്പത് കർമ്മത്തിന് വിരോധിയാണ് അങ്ങനെ ഒരു ആത്മബോധം ഉള്ളവരും അപ്പം ഈ കർമ്മത്തെ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് എന്താണ് ഉപേക്ഷിക്കുന്നത് അങ്ങനെ ഒരു ആത്മബോധമുള്ള ആളിന് കർമ്മം ചെയ്യാൻ കഴിയില്ല അല്ല കർമ്മത്ത് വേണ്ടെന്ന് വെക്കുന്നതല്ല നമ്മളെപ്പോലെ കർമ്മം ചെയ്യാതെ മുറിക്കാത്ത കയറിയിരിക്കുന്നതല്ല പിന്നെന്താണ് ഇങ്ങനെ ആത്മാവ് അകർത്താവണമെന്നൊരു ബോധം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന നിത്യം നൈമിത്യവും കാമ്യം നിഷിദ്ധവും പറയുന്ന നാലു തരത്തിലുള്ള കർമ്മങ്ങൾ അത് ശ്രൗതമോ സ്മാർത്ഥമോ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ശ്രുതി പറഞ്ഞിരിക്കുന്നാലും ശരി സ്മൃതി പറഞ്ഞിരിക്കുന്ന അത് ചെയ്യാൻ ഒരാൾക്ക് കഴിയത്തില്ല ആ ബോധമുണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റും കടുത്തിരുത്തം ബോധമുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് മീമാംസി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് കർമ്മ ഉപേക്ഷിക്കണമെന്ന് വെറും വാശി പിടിക്കുകയല്ല കർമ്മ ഉപേക്ഷിച്ചേ മതിയാവൂ എന്നുള്ള വാശിയെ പറയുന്നു അതായത് ചെയ്യാൻ സാധ്യമല്ല അപ്പൊ കർമ്മ അപ്പോൾ അതുവരെ കർമ്മം ചെയ്തുകൊണ്ടിരുന്നവൻ ആണെങ്കിലും കർമ്മത്തിലേക്ക് പ്രവേശിക്കാത്തവനാണെങ്കിലും കർമ്മ ഉപേക്ഷ ഉപേക്ഷിക്കുന്നു കർമ്മത്തിലേക്ക് പ്രവേശിക്കാത്തവനാരാണ് കർമ്മത്തിലേക്ക് പ്രവേശിക്കാത്തവൻ ബ്രഹ്മചാരി അവൻ കർമ്മത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇനി കർമ്മത്തിലേക്ക് പ്രവേശിച്ചവൻ ആരാണ് ഗ്രഹസ്ഥൻ രണ്ടു കൂട്ടരായാലും എന്ത് കർമ്മത്തെ ഉപേക്ഷിക്കണം കർമ്മത്തെ ഉപേക്ഷിച്ച പിന്നെ എന്തായി സന്യാസം അപ്പൊ ബ്രഹ്മചാരി സന്യാസിയാവും ഗൃഹസ്ഥൻ സന്യാസം സന്യാസി ആയിക്കഴിഞ്ഞ കർമ്മവും അതിനെ ആശ്രയിച്ചുള്ള ഒരു പ്രവൃത്തികളുമില്ല പിന്നെ അയാൾക്ക് ആഹാരത്തിന് വേണ്ടി അയാൾ എന്ത് ചെയ്യുന്നു പ്രവർത്തമാനം ശാസ്ത്രം അവധ്യാവശയത്തിന് അധികം എന്നാൽ ഇതാണ് അതിന്റെ വാസ്തവമെങ്കിലും പ്രാക്ച തഥാഭൂതാത്മവിജ്ഞാന അകർത്താവായ ആത്മാവിജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് ആത്മാവ്കർത്താവാണെന്നുള്ള ആത്മാവ് സംസാരിയാണെന്നുള്ള ആത്മബോധം ഉണ്ടാകുന്നതിന് മുമ്പ് പ്രവർത്തമാനം ശാസ്ത്രം അതിനു മുമ്പ് പ്രവർത്തിക്കുന്ന ശാസ്ത്രം ഒരു വ്യക്തി അവിദ്യാവത് വിഷയത്വൻ അതിവർത്തത അത് അവിദ്യയുള്ളവനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നു ആ ശാസ്ത്രം എന്ന് പറയുന്ന അവിദ്യാവത് വിഷയത്വം അവിദ്യയുള്ളവനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആത്മവിജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് അവന്റെ ആത്മവിജ്ഞാനം എന്ന് പറയുന്നത് ശാസ്ത്രത്തിൽ നിന്ന് തന്നെ ഉണ്ടായത് എങ്ങനെ ആത്മാവ് കർത്താവും ഭോക്താവും ആണ് അവനിൽ അപ്പൊ എന്തുണ്ട് അധ്യാസമുണ്ട് അവിദ്യ ഉണ്ട് അധ്യാസങ്ങളോട് എന്ത് ചെയ്യുന്നു അവൻ കർമ്മം ചെയ്യുന്നു അതുകൊണ്ട് ആത്മവിജ്ഞാനം ഉണ്ടായാൽ അവിടെ അധ്യാസമില്ല കർമ്മമില്ല ആത്മവിജ്ഞാനം ഉണ്ടാകുന്നതിന് ൊണ്ട് കർമ്മ ചെയ്യും തഥാഹി പറയുന്നു പിന്നെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കേവലം അധ്യാസം കൊണ്ട് മാത്രമല്ല അധ്യാസം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായൊരു കാരണമേ ആവുന്നുള്ളൂ കർമ്മമൊക്കെ ചെയ്യുന്ന എന്തുകൊണ്ടാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നു ശാസ്ത്രം പറഞ്ഞിരിക്കുന്ന കർമ്മത്തിന്റെ വിധികളനുസരിച്ച് അതിൻ്റെ അധികാരിയായിട്ടുള്ളവനെ ചെയ്യാവും ബ്രാഹ്മണൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ബ്രാഹ്മണൻ ചെയ്യണം ക്ഷത്രയും ചെയ്യേണ്ടത് ക്ഷത്രയും ചെയ്യണം വൈശ്യം ചെയ്യേണ്ടത് വൈശ്യം ചെയ്യണം ശൂദ്രം ചെയ്യേണ്ടത് ശൂദ്രം ചെയ്യണം അഥാ ഹി ബ്രാഹ്മണോ യു ചെയ്ത ഇത്യാദീനി ശാസ്ത്രാണി ആത്മനി വർണ്ണ ആശ്രമ വയോ അവസ്ഥാദി വിശേഷാധ്യാസം ആശ്രണ്ട് അപ്പോ രണ്ടും വരുന്നു അധ്യാസവും വരുന്നു ശാസ്ത്രവും അധ്യാസം കൊണ്ട് അതുകൊണ്ട് കർമ്മം ചെയ്യുകയല്ല അതാണ് പറയുന്നത് ബ്രാഹ്മണയെ ചെയ്തു അവിടെ പ്രത്യേകം പറയുന്നത് എന്താണോ ബ്രാഹ്മണൻ യാഗം ചെയ്യുന്നു ബ്രാഹ്മണന് ചെയ്യേണ്ട യാഗങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പണച്ചിറവ് കുറഞ്ഞ യാഗങ്ങളെല്ലാം ആര് ചെയ്യും ബ്രാഹ്മണൻ ഒരുപാട് സമ്പത്ത് ചെലവഴിക്കേണ്ട യാഗങ്ങൾ രാജസൂയം പോലെയുള്ള ചെയ്യും സമ്പത്തുള്ള ക്ഷത്രിയും പിന്നെ അതുപോലെ തന്നെ ധനധാന്യങ്ങളൊക്കെ ധാരാളം ജലപെട്ട് ചെയ്യുന്ന യാഗങ്ങളെ കാര്യം ചെയ്യും യാഗം ചെയ്യേണ്ട കാര്യം ഇന്ന് ബ്രാഹ്മണ ഇത്യാദി ശാസ്ത്ര ഇങ്ങനെയുള്ള നിരവധി ശാസ്ത്രങ്ങളിതെല്ലാം ആത്മനി ആത്മാവിൽ വർണ്ണ ആശ്രമ വയോ അവസ്ഥാ വിശേഷ അധ്യാസ ഇതെല്ലാം ർണം എന്നുപറയുന്നത് ഈ ഭക്ഷണകാരുടെ സിദ്ധാന്തമനുസരിച്ച് ജാതിയാണ് അതെവിടെയിരിക്കുന്നു ശരീരത്തിൽ ആശ്രമം എന്ന് പറയുന്നതും ശരീര സംബന്ധിയായിട്ടാണ് അവസ്ഥ ആശ്രമം എന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യം ആശ്രമം അവസ്ഥ എന്ന് പറയുന്നത് എന്താണോ അവസ്ഥയുന്നത് പ്രായം പ്രായത്തെയാണ് പറയുന്നത് മറ്റത് ആശ്രമം എന്ന് പറയുന്നത് ബ്രഹ്മചരി ആശ്രമം കർവസ്ഥി ആശ്രമം സന്യാസാശ്രമം ഇതൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് പ്രായം അതിന് നേരത്തെ പറഞ്ഞു കൃഷ്ണ കേശോ അഗ്നി ആദ്ധീത എപ്പോഴാണ് അഗ്നി ആദാനം ചെയ്യേണ്ടത് എപ്പോഴാണ് ഉപനയനം ചെയ്യേണ്ടത് ഇതൊക്കെ അവസ്ഥ അവസ്ഥ ആണ് മറ്റത് ആശ്രമം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം താർഹസ്യം പോലെയുള്ള ആശ്രമം വർണ്ണം ജാതി ഇതാണ് അപ്പോൾ ഈ ശാസ്ത്രങ്ങൾ ആത്മാവിൽ വർണ്ണം ആശ്രമം വയോ അവസ്ഥ അതി വിശേഷം പിന്നെ ഇതുകൂടെയുണ്ട് എന്താണ് വയസ് വയസ്സുണ്ട് പിന്നെ അവസ്ഥ എന്ന് പറയുന്നതാണ് രോഗം പോലെയുള്ള അവസ്ഥകൾ വയസ്സെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് വയസ്സ് വേറെയാണ് ഉപനയാനം ചെയ്യേണ്ട വയസ്സിലാണ് ഭാഗം കഴിക്കേണ്ട വയസ്സിലാണ് അങ്ങനെ പിന്നെ അവസ്ഥ എന്ന് പറയുമ്പോൾ പറഞ്ഞു രോഗം വന്നവനെന്ത് ചെയ്യണം രോഗം ചികിത്സിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ ചാടിച്ചാകണം മലയിൽ നിന്ന് ചാടിച്ചാകണം എന്നൊക്കെ പറയുന്നു ഓരോരോ അവസ്ഥകളെ വെച്ചുകൊണ്ടും ശ്വാസം വിധിക്കുന്നുണ്ട് പലതും ഇപ്പൊ വർണം ആശ്രമം വയസ്സ് അവസ്ഥ നാലെണ്ണം ഉണ്ട് വർണ്ണമെന്ന് പറയുന്നത് ജാതി ആശ്രമം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം ഗ്രാഹസ്ഥ്യം വയസ്സെന്ന് പറയുന്നത് പ്രായം അവസ്ഥ എന്ന് പറയുന്നത് ശാരീരികമായ മാനസികമായ അവസ്ഥ അതാണ് ഇത് ഇതെല്ലാം ഇത്യാദി വിശേഷ അധ്യാസം ഇതെല്ലാം ആത്മാവിൽ അധ്യസിച്ചിട്ട് ഞാൻ ഞാൻ ബ്രാഹ്മണനാണ് അധ്യാസമാണ് ഞാൻ ഗ്രഹസ്ഥനാണ് മറ്റൊരു അധ്യാസമാണ് ഞാൻ എനിക്ക് ഇത്ര വയസ്സുണ്ട് മറ്റും ഞാൻ രോഗിയാണ് ഇങ്ങനെയൊക്കെയുള്ള അധ്യാസം ആശ്രിത്യ ശാസ്ത്രം പ്രവർത്തിക്കും അതനുസരിച്ച് ശാസ്ത്രം പ്രവർത്തിക്കുന്നു ശാസ്ത്രം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു അത് ബാമതി ഒന്നാണ് അതുകൊണ്ടെന്ന് വരുന്നു ശാസ്ത്രങ്ങളെല്ലാം അധ്യാസത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് ും ശാസ്ത്രവും രണ്ടൂടെ ചേർന്നിട്ടാണ് പ്രവൃത്തി എന്നുള്ള അധ്യാസം ഒന്നാമോ അതസ്മിൻ തദ്ബുദ്ധി അതസ്മിൻ തദ്ബുദ്ധി സർപ്പമല്ലാത്ത രജകൾ സർപ്പബുദ്ധി അതിനാണ് അധ്യാസം എന്ന് പറയുന്നത് ശരീരം അല്ലാത്ത ആത്മാവിൽ ശരീര മുതലായവര് വികലേഷ സകലേഷൂർണമായിരിക്കുകയോ പൂർണ്ണമായിരിക്കുകയോ ചെയ്താൽ അഹമേവിക പൂർണൻ അല്ലെങ്കിൽ ഞാനാണ് അപൂർണൻ എന്നിങ്ങനെ ബാഹ്യധർമാൻ ബാഹ്യധർമ്മങ്ങളെ ആത്മനി തന്നിൽ അധ്യസ്ഥി തന്നിൽ എല്ലാം അധ്യസിക്കുന്നു ശരീരധർമ്മത്തെ ആത്മാവിൽ അധ്യസിക്കുന്നു പിന്നെ ബാഹ്യധർമ്മങ്ങളെ തന്നിൽ അധ്യസിക്കുന്നു അഥവാ ദേഹധർമാൻ ദേഹധർമ്മങ്ങളെ ആത്മാവിൽ അധ്യസിക്കുന്നു എങ്ങനെ സ്ഥൂരോഹം കൃശോഹം ഗൗരോഹം ധിഷ്ടാമി ഗച്ചാമി ലംഘ്യാമി ജീവി ദേവധർമ്മമാണ് സ്ഥൂലത്വം അതിനെ അതിന് നേരെ വിപരീതമാണ് കൃഷിത്വം അതിനെ ഘൗരം വെളുപ്പ് നിറം അതെ തന്നെ ആത്മാവിൽ അദ്ദേഹിക്കും ഞാൻ വെളുത്തവനാണ് ഞാൻ തടിച്ചവനാണ് ഞാൻ മെലിഞ്ഞവനാണ് തിഷ്ഠാമി ഞാൻ നിൽക്കുന്നു ഗച്ഛാമി ഞാൻ നടക്കുന്നു ലംഘ്യാമി ഞാൻ ചാടുന്നു ഇങ്ങനെ ക്രിയകൾ എല്ലാം ആത്മാവിൽ ആരോപിക്കുന്നു തഥാ ഇന്ദ്രിയ ധർമ്മന ഇന്ദ്രിയ ധർമ്മങ്ങളെ എങ്ങനെ മൂക്കഹ ഞാൻ മൂകനാണ് ഇന്ദ്രിയ ഒറ്റക്കണ്ണനാണ് ഷണ്ടനാണ് എനിക്ക് ചെവി കേൾക്കാൻ പാടില്ലാത്തവനാണ് അന്തഹ ഞാൻ അന്തനാണ് ഇങ്ങനെ എല്ലാ ശരീരത്തിൽ എല്ലാ ആത്മാവൻ അധ്യസിക്കുന്നു അധ്യാസമാണ് അതാ അന്ധക്കരണധർമ്മാണ് അതുപോലെ അന്ധകരണധർമ്മങ്ങളെ ഞാൻ അധ്യസിക്കുന്നു വിചികിത്സ അധ്യവസായ കാമം എന്തൊക്കെ ധർമ്മമാണ് സങ്കല്പം ധർമ്മമാണ് വിചികിത്സ സംശയം അധ്യവസായം നിശ്ചയം അന്തൊക്കെ ധർമ്മമാണ് ഇതെല്ലാം എന്ത് ചെയ്യുന്നു ആത്മാവിൽ അധ്യസിക്കുന്നു അഹം പ്രത്യേകം അശേഷ സ്വപ്രചാര സാക്ഷി പ്രത്യേകാത്മ്യസ അതുപോലെ തന്നെ അഹം പ്രത്യേകം അഹം എവിടെയാണോ ഉള്ളത് അഹം പ്രത്യീ അതായത് അന്ധകരണം അതിനാഹം പ്രത്യെന്ന് പറയുന്നു അന്ധക്കരണത്തെ അശേഷ സ്വപ്രചാര സാക്ഷിനെ തന്റെ എല്ലാ വൃത്തികൾക്കും സാക്ഷിയായിരിക്കുന്ന സ്വപ്രചാരം എന്ന് വെച്ചാൽ അന്ധകരണത്തിന്റെ അശേഷ സ്വപ്രചാരം എന്ന് വെച്ചാൽ അന്ധകരണത്തിന്റെ എല്ലാ വൃത്തികൾക്കും സാക്ഷിയായിരിക്കുന്ന പ്രത്യേകാത്മനെ പ്രത്യേകാത്മാവിന്റെ തിരിച്ചു തംജ പ്രത്യേകാത്മാവനം ആ പ്രത്യേകാത്മാവിനെ എന്ത് ചെയ്യുന്നു സർവസാക്ഷണം അത് സർവസാക്ഷിയാണ് തദ്ദേശ വിപരീയമായിട്ടെന്ന് വെച്ചാൽ അന്ധക്കരണ ആദിഷ് എന്ന് വെച്ചാൽ അന്ധക്കണ്ണത്തെ അധ്യസിക്കുന്നു ഇന്ദ്രിയത്തിൽ അധ്യസിക്കുന്നു ശരീരത്തിൽ അധ്യസിക്കുന്നു ഇതിൻ്റെയൊക്കെ ധർമ്മങ്ങളിൽ അധ്യസിക്കുന്നു ഇപ്രകാരമുള്ള അയ്യം അനാദിരനന്തോ നൈസർഗികോ അനാദിയായിരിക്കുന്ന അനന്തമായിരിക്കുന്ന നൈസർഗികമായിരിക്കുന്ന സ്വാഭാവികമായിരിക്കുന്ന അധ്യാസം അത് മിഥ്യാപ്രത്യരൂപ അത് മിഥ്യാജ്ഞാന കർത്തൃത്വ ഭോക്തൃത്വ പ്രവർത്തക അതാണ് കർത്തൃത്വം ഭോക്തൃത്വം എല്ലാം മനുഷ്യനുണ്ടാക്കുന്നത് ഈ അധ്യാസമാണ് എന്ന് വെച്ചാൽ ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് എന്നൊക്കെയുള്ള ആ ബോധം ഉണ്ടാകുന്നത് എന്താണ് അധ്യാസമാണ് സർവ്വലോക പ്രത്യക്ഷം ഇതെല്ലാ മനുഷ്യർക്കും പ്രത്യക്ഷമാണ് അങ്ങനെ ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് ഞാൻ കർമ്മം ചെയ്യുന്നവനാണ് ഞാൻ ഫലം അനുഭവിക്കുന്നവനാണ് ഞാൻ ജനിക്കുന്നവനാണ് മരിക്കുന്നവനാണ് ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് ഇത് സർവ്വലോകർക്കും പ്രത്യക്ഷമായിരിക്കുന്ന കാര്യമാണ് ഇത് അധ്യാസം കൊണ്ട് സംഭവിക്കുന്ന അസ്യനർഥഹേതു അനർഥഹേതു പ്രഹാണായ നശിപ്പിക്കുന്നതിനു വേണ്ടി അനർത്ഥേതുവിനെ അനർത്ഥമായിരിക്കുന്ന അധ്യാസ അനർത്ഥമായിരിക്കുന്ന സംസാരം അതിന്റെ ഹേതുവായിരിക്കുന്ന അധ്യാസത്തെ പ്രഹാണായ നശിപ്പിക്കുന്നതിനു വേണ്ടി ആത്മേകത്വവിദ്യാപ്രതിപത്തയെ ആത്മേകത്വവിദ്യാപ്രാപ്തിക്ക് വേണ്ടി ആത്മേകത്വ ജ്ഞാന പ്രതിപത്തി പ്രാപ്തിക്ക് വേണ്ടി സർവേ വേദാന്ത എല്ലാ ഉപനിഷത്തുകളും ആരഭ്യത ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു യഥാ ജയമർത്ഥ സർവേഷം വേദാന്താനാം തഥാ എങ്ങനെയാണോ വേദാന്തന എല്ലാ വേദാന്തങ്ങളുടെയും അർത്ഥം അത് വയം അസ്യം ശാരീരിക അത് ഭൗമതികാരം വ്യാഖ്യാനിക്കും ആത്മാവിനെ കുറിച്ചുള്ള പൂജിതമായ വിചാരം അതാണ് ശാരീരികമീമാനൊക്കെ ഇനി വരും ഈ ശാരീരിക പ്രദർശയിഷ്യാമ വ്യക്തമാക്കി തരുന്നതാണ് എന്ത് ഉപനിഷത്തുകളുടെ ഇവിടെ പറയുന്ന എല്ലാ ഉപനിഷത്തുകളുടെയും അർത്ഥം ഈ അനർത്ഥം സംസാരം എന്ന് പറയുന്നത് കാരണമായിരിക്കുന്ന അധ്യാസമാണ് ആ അധ്യാസത്തെ നശിപ്പിക്കുന്നത് ആത്മീകത്വജ്ഞാനമാണ് ഇതാണ് സർവോപനിഷത്തുകളും പറയുന്നത് എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കി തരാമെന്നാണ് പ്രദർശയിഷ്യാമെന്ന് വെച്ചാൽ ഞാനത് വളരെ വിശദമാക്കി തരാൻ പോവുകയാണ് ഇനിയുള്ള ഭാഗങ്ങൾ അപ്പോൾ ഇനി വരുന്ന ഭാഗങ്ങളിലൊക്കെ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒന്നിതാണ് ആത്മേകത്വവിജ്ഞാനം യുവാത്മാവും പരമാത്മാവും ഒന്നാണ് അല്ലെങ്കിൽ ആത്മാ സർവാത്മജ്ഞാനം എല്ലാം ആത്മാവാണെന്നും പറയും അപ്പോ അത് ആ ഞാനും എന്തിനു വേണ്ടിയിട്ടാണ് അത് ഈ അധ്യാസത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അധ്യാസത്തെ എന്തിനും നശിപ്പിക്കണം അധ്യാസമാണ് ചതിൽ സർവാനർത്ഥത്തിനും അപ്പൊ ഇവിടെ ഈ പറയുന്ന വിദ്യ ആത്മവിദ്യ എന്നാണ് ഇനി പറയാൻ ഇതിന് പേര് പറയും ബ്രഹ്മവിദ്യ ബ്രഹ്മവിദ്യയുടെ പ്രയോജനം എന്താണ് അധ്യാസത്തെ എന്തിനു വേണ്ടി എന്തിനോ അനർഥത്തെ ഇല്ലാതാക്കാൻ അനർഥത്തെ ഇല്ലാതാക്കാൻ എന്ത് സംഭവിക്കും അനർഥത്തെ ഇല്ലാതാക്കിയാൽ അത് തന്നെ മോക്ഷം അനർത്ഥത്തെ ഇല്ലാതാക്കുന്നതാണെന്ത് മോക്ഷം അതുകൊണ്ടാണ് ഈ ശാസ്ത്രം മുക്തിക്ക് വേണ്ടി എന്ന് പറയുന്നത് അതിന് അനർഥത്തെ ഇല്ലാതാക്കിയാ മോക്ഷത്തിന് അനർഥമില്ലാതാക്കണം അല്ലെങ്കിൽ അനർത്ഥം ഇല്ലാതാകുന്നതന്നെയാണ് മോക്ഷമെന്നും പറയാം അത് ഇല്ലാകണമെങ്കിൽ എന്ത് ചെയ്യണം അതിന് കാരണമായിരിക്കുന്ന അധ്യാസത്തെ നശിപ്പിക്കണം അധ്യാസത്തെ നശിക്കണമെങ്കിൽ അതിനുവേണ്ട ജ്ഞാനം വേണം ആ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് ആത്മീകത്വ ജ്ഞാനം അതെവിടെ നിന്ന് കിട്ടും ഉപനിഷത്തുകളിൽ നിന്ന് കിട്ടും അക്കാര്യമാണ് ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നതന്നെ എന്താണ് ഉപനിഷത്തിന്റെ തർക്കാണ് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ചർച്ച ചെയ്യുന്ന മുഴുവൻ എന്താണ് ഉപനിഷത്തിന്റെ ആശയമാണ് ബ്രഹ്മവിദ്യ കെട്ടേണ്ടത് ഉപനിഷത്തിൽ അത് വിശദീകരിക്കുന്ന ജോലിയാണ് ഭാഷ്യതം ചെയ്യുന്നത് എന്നാണ് പറയുന്നത്